അധ്യായം മുപ്പത്തിയെട്ട് അവൻ ഖതിരമരം കൊണ്ട് കോമ യാഗപീഠം അത് അഞ്ചു മുഴം നീളവും അഞ്ചുമുഴം വീതിയും ഇങ്ങനെ സമചതുരവും മൂന്നു മുഴം അതിന്റെ നാലു കോണിലും കൊമ്പുകൾ അതിൽ നിന്ന് തന്നെ ആയിരുന്നു താമ്രം കൊണ്ട് അത് പൊതിഞ്ഞു ചട്ടി ചട്ടുകം കലശം മുൾക്കൊളുത്ത് തീക്കലശം ഇങ്ങനെ പീഠത്തിന്റെ ഉപകരണങ്ങളൊക്കെയും ഉണ്ടാക്കി അതിന്റെ ഉപകരണങ്ങളൊക്കെയും താമ്രം കൊണ്ട് ഉണ്ടാക്കി അവൻ യാഗപീഠത്തിന് വലപ്പണിയായ ഒരു താമ്രജാലം അത് താഴെ അതിന്റെ ചുറ്റുപടിക്ക് കീഴെ അതിന്റെ പാതിയോളം എത്തി താമ്രജാലത്തിന്റെ നാലറ്റത്തിനും ണ്ടു ചെലുത്തുവാൻ നാലുവളയം വാർത്തു ഖതിരമരം കൊണ്ട് തണ്ടുകളും ഉണ്ടാക്കി താമ്രം കൊണ്ട് പൊതിഞ്ഞു യാഗപീഠം ചുമക്കേണ്ടതിന് അതിന്റെ പാർശ്വങ്ങളിലുള്ള വളയങ്ങളിൽ ആ തണ്ടുകൾ ചെലുത്തി യാഗപീഠം പലക കൊണ്ട് സമാഗമന കൂടാരത്തിന്റെ വാതുക്കൽ സേവ സ്ത്രീകളുടെ ദർപ്പണങ്ങൾ കൊണ്ട് അവൻ താമ്രത്തൊട്ടിയും തിന്റെ താമ്രക്കാലും ഉണ്ടാക്കി അവൻ പ്രാകാരവും ഉണ്ടാക്കി തെക്കുവശത്തെ പ്രാകാരത്തിന് പിരിച്ച പഞ്ഞുനീൽ കൊണ്ടുള്ള നൂറുമുഴം മറശീല ഉണ്ടായിരുന്നു അതിന് ഇരുപത് തൂണും തൂണുകൾക്ക് ഇരുപത് താമ്രച്ചൂടും ഉണ്ടായിരുന്നു തൂണുകളുടെ കൊളുത്തും മേൽചുറ്റുപടിയും വെള്ളിയായിരുന്നു വടക്കുവശത്ത് ൂറുമുഴം മറശ്ശീലയും അതിന് ഇരുപത് തൂണും തൂണുകൾക്ക് ഇരുപത് താമ്രച്ചുവടും ഉണ്ടായിരുന്നു തൂണുകളുടെ കൊളുത്തും മേൽചുറ്റുപടിയും വെള്ളിയായിരുന്നു പടിഞ്ഞാറുവശത്ത് അമ്പത് മുഴം മറശ്ശീലയും അതിന് പത്തു തൂണും തൂണുകൾക്ക് പത്തു ചുവടും ഉണ്ടായിരുന്നു തൂണുകളുടെ കൊളുത്തും മേൽച്ചുറ്റുപടിയും വെള്ളിയായിരുന്നു കിഴക്കുവശത്ത് മറശ്ശീല അമ്പത് മുളം ആയിരുന്നു വാതിലിന്റെ ഒരു മരശീല മറശീല പതിനഞ്ചുമുഴവും അതിന് മൂന്ന് തൂണും അവയ്ക്ക് മൂന്ന് ചുവടും ഉണ്ടായിരുന്നു മറ്റേ അങ്ങനെ തന്നെ ഇങ്ങനെ പ്രാകാരവാതിലിന്റെ ഇപ്പുറത്തും അപ്പുറത്തും പതിനഞ്ചു മുഴം മറശ്ശീലയും അതിന് മുമൂന്ന് തൂണും മുമ്മൂന്ന് ചുവടും ഉണ്ടായിരുന്നു ചുറ്റും പ്രാകാരത്തിന്റെ മറശീലയൊക്കെയും പിരിച്ച പഞ്ഞുനൂൽ കൊണ്ട് ആയിരുന്നു തൂണുകൾക്കുള്ള ചുവട് താമ്രം കൊണ്ടും തൂണുകളുടെ കൊളുത്തും മേൽച്ചുറ്റുപടിയും വെള്ളികൊണ്ടും കുമിഴുകൾ വെള്ളി പൊതിഞ്ഞവയും പ്രാകാരത്തിന്റെ തൂണുകളൊക്കെയും വെള്ളികൊണ്ട് മേൽച്ചുറ്റുപടിയുള്ളവയും ആയിരുന്നു എന്നാൽ പ്രാകാരവാതിലിന്റെ മറശീല നിലനൂൽ തൂമ്രനൂൽ ചുവപ്പുനൂൽ പിരിച്ച പഞ്ഞുനൂൽ എന്നിവ കൊണ്ട് ചിത്രത്തയ്യൽപ്പണി ആയിരുന്നു അതിന്റെ നീളം ഇരുപത് മുഴവും അതിന്റെ ഉയരമായ വീതി പ്രാകാരത്തിന്റെ മറശീലയ്ക്ക് സമമായി അഞ്ചു മുഴവും ആയിരുന്നു അതിന്റെ തൂണുനാലും അവയുടെ ചുവടുന്നാലും താമ്രമായിരുന്നു കൊളുത്തും കുമിഴുകൾ പൊതിഞ്ഞിരുന്ന തകിടും മേൽചുറ്റുവടിയും വെള്ളിയായിരുന്നു തിരുനിവാസത്തിനും പ്രാകാരത്തിനും നാലു പുറവുമുള്ള കുറ്റികളൊക്കെയും താമ്രമായിരുന്നു മോശയുടെ കൽപ്പനയനുസരിച്ച് പുരോഹിതനായ അഹരോന്റെ മകൻ ഈഥാമാർ മുഖാന്തരം ലേവ്യരുടെ ശുശ്രൂഷയാൽ കണക്ക് സാക്ഷ്യകൂടാരമെന്ന തിരുനിവാസത്തിനുണ്ടായ ചെലവെന്തെന്നാൽ യഹൂദ ഗോത്രത്തിൽ കൂരന്റെ മകനായ ഊരിയുടെ മകൻ ബസലേൽ മോശയോട് യഹോവ കൽപ്പിച്ചതൊക്കെയും ഉണ്ടാക്കി അവനോടുകൂടെ ദാൻ ഗോത്രത്തിൽ അഹീസാമാക്കിന്റെ മകനായി കൊത്തുപണിക്കാരനും കൌശലപ്പണിക്കാരനും നീലനൂൽ തൂമ്രനൂൽ ചുവപ്പുനൂൽ പഞ്ഞിന്നൂൽ എന്നിവ കൊണ്ട് ചെയ്യുന്നവനുമായ ഒഹോലിയാബും ഉണ്ടായിരുന്നു വിശുദ്ധ മന്ദിരത്തിന്റെ സകല പ്രവൃത്തിയുടെയും പണിക്ക് വഴിപാടായി വന്ന് ഉപയോഗിച്ച പൊന്ന് വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം ആകെ താലന്തും എഴുന്നൂറ്റിമുപ്പത് ശേഖയിലും ആയിരുന്നു സഭയിൽ ചാർത്തപ്പെട്ടവരുടെ വെള്ളി വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം നൂറ് താലന്തും ആയിരത്തി ും ഇരുപത് വയസ്സുമുതൽ മേലോട്ട് പ്രായമുള്ളവരായി ചാർത്തപ്പെട്ടവരുടെ എണ്ണത്തിൽ ഉൾപ്പെട്ട ആറ് ലക്ഷത്തി മൂവായിരത്തി പേരിൽ ഓരോരുത്തന് ഓരോ ബക്ക വീതമായിരുന്നു അത് വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം അരശേഖല വിശുദ്ധ മന്ദിരത്തിന്റെ ചുവടുകളും മറശീലയുടെ ചുവടുകളും വാർക്കുന്നതിന് ഒരു ചുവടിന് ഒരു താലന്തു വീതം നൂറ് ചുവടിന് നൂറ് താലന്തു വെള്ളി ചെലവായി ശേഷിപ്പുള്ള ആയിരത്തി എഴുന്നൂറ്റി കൊണ്ട് അവൻ തൂണുകൾക്ക് കൊളുത്തുണ്ടാക്കുകയും കുമിഴ് പൊതിയുകയും മേൽചുറ്റുപടി ഉണ്ടാക്കുകയും ചെയ്തു വഴിപാടു വന്ന താമ്രം എഴുപത് താലന്തും രണ്ടായിരത്തി നാനൂറ് ശലും ആയിരുന്നു അതുകൊണ്ടവൻ സമാഗമന കൂടാരത്തിന്റെ വാതിലിനുള്ള ചുവടുകളും താമ്രയാഗപീഠവും അതിന്റെ താമ്രജാലവും യാഗപീഠത്തിന്റെ ഉപകരണങ്ങളൊക്കെയും ചുറ്റും പ്രാകാരത്തിന്റെ ചുവടുകളും പ്രാകാര വാതിലിനുള്ള ചുവടുകളും തിരുനിവാസത്തിന്റെ എല്ലാ കുറ്റികളും ചുറ്റും പ്രാകാരത്തിന്റെ കുറ്റികളും ഉണ്ടാക്കി